ദർശനം ഇതും സർവസമ്യസമീകാര സ്ഥാനോ दत्ता ते सत्वं गपी कोरणसि विं ह प्रविक्कम हिते यसो दि यपादः यत्र सत्वं कञ्चन कामं रामेते कञ्चन स्वप्नं बस्यु सुसु सुसु प्रस्थाना येगी भू പ്രജ്ഞാനഘനയോനന്ദമയോനന്ദഭോമുഖസ്തൃതീയ പാലേശ്വരേഷനി പ്രഭവാപ്യയോ ഹി ഭൂത ചിന്തിമ യുവദേശം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യത്മാ മാത്രം പാദ മാത്രമേ ആഹ് സർവാൻ കാശ്ശോധിത സ്ഥാന സമക്കാരോ ദ്വിതീയ മന്ത്ര ഉഭയത്വ വി ജ്ഞാന സുന്ദരി സമാനശ്ചോതി കുനേ ഭൂതിേദ ൃതിരീതി പ്രപഞ്ചോ <Scorpion> എൺപത്തിയാറാമത് കാര്യം Viprāṇām <kit> vinayu hyesha Viprāṇām vinayu hyesha Sama pragartha uccitī Dhamma pragarthidaan tattvāda Dhamma pragarthidaan tattvāda Evam vidvan samam pradit Viprāṇām brāhmaṇām vinayu vinīdatum svabhāvigam അവസ്ഥാനം വിപ്രൻ എന്നാൽ ബ്രാഹ്മണൻ എന്താണ് ആരാണ് ബ്രാഹ്മണൻ എന്താണ് ബ്രാഹ്മണത്വം അത് കഴിഞ്ഞ കാര്യം വിശദീകരിച്ചു ബ്രാഹ്മണത്വം ഞാനുമാണ് ബ്രാഹ്മണൻ ജ്ഞാനിയാണ് എന്താണ് ബ്രാഹ്മണന്റെ വിനയം ബ്രാഹ്മണത്വം വിശേഷനായുള്ള ഭാവം വിനയം പ്രത്യേകത അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ബ്രാഹ്മണാനാ വിനയോ വിനീതത്വം സ്വാഭാവികം ആത്മസ്വരൂപേണ അവസ്ഥ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യും അതാണ് വിനയം എന്ന് പറയുന്നത് വിനയം എന്ന് പറയുമ്പോഴവിടെ സാധാരണ മലയാളത്തിൽ പറയുന്ന വിനയം എന്ന് പറയുന്ന അർത്ഥം മാത്രമല്ല എല്ലാ വിശേഷതകളും വിശേഷമായ നയം ആചരണങ്ങൾ എല്ലാം സ്വസ്വരൂപസ്ഥിതി ബ്രഹ്മസ്ഥിതി ആശ്രയിച്ച് ഞാനീടെ എല്ലാ പ്രവർത്തനങ്ങളും ്രഹ്മസ്വരൂപത്തെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ തന്റെ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ അജ്ഞാനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് അതിന് നേരെ വിപരീതമാണ് അത് അജ്ഞന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല നില അജ്ഞന്റെ നിലയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ അത് അജ്ഞന്റെ കൽപ്പനകൾക്ക് ഊഹങ്ങൾക്കൊന്നും വിഷയമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത് അപ്പോൾ ഞാൻ ഈ സംബന്ധിച്ച് വരുന്ന സംശയങ്ങൾ അയാളുടെ ചിന്തകൾ എങ്ങനെയാണ് അയാളുടെ ആചരണങ്ങൾ എങ്ങനെയാണ് എല്ലാത്തിനുള്ള സമാധാനമായിട്ടാണ് ഇവിടെ പറയുന്നത് സാറിന് ചോദിക്കുന്നു ഞാനിങ്ങനെയാണ് സദാചാരിയായിരിക്കുന്നു ദുരാചാരിയായിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സമാധാനങ്ങൾ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനമായിട്ട് പറയുകയാണ് എന്നാണ് അത് സ്വരൂപേനവസ്ഥാനം അതിനെ കുറിച്ചൊന്നു മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ അത് സ്വരൂപസ്ഥിതിയാണ് ആത്മബോധത്തിലുള്ള സ്ഥിതിയാണ് ക്ഷമോപിയേഷ പ്രാകൃത സ്വാഭാവികവും അകൃത ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ശമം ദമം ഇതെല്ലാം ഇതിനുള്ള ഒറ്റ സമാധാനമേ ഉള്ളൂ എന്താണ് സ്വാഭാവികം സാധുവിനെ സംബന്ധിച്ചിടത്തോളം ശമം എന്ന് പറയുന്നത് ഒരു സാധനയാണ് അവിടെ ശമം ദമം എന്നെല്ലാം പറയുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയ അഭ്യാസങ്ങളാണ് അവിടെ ഇവിടെ അത്തരത്തിലുള്ള അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു ജ്ഞാനിയുടെ സ്ഥിതിയെ എങ്ങനെ പരമാവധിപ്പെടുത്താമോ അതിനുള്ള ഒരു യത്നമാണ് ഇവിടെ ചെയ്യുന്നത് അതും ആ കൃതകമാണോ നമ്മൾ ശമം ദമം എന്ന് പറഞ്ഞൊരു സാധനയായി സ്വീകരിക്കുമ്പോൾ അതിനെ കൃതകമാണ് പരിശ്രമം വരുന്നു ആ പരിശ്രമം കൊണ്ട് പലതും സ്വായത്തമാകുന്നു ചില നിയന്ത്രണങ്ങൾ ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ സ്വാധീനം ഇതെല്ലാം സാധനയിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം എന്താണ് കൃത്രിമമാണ് കൃതകമാണ് ഒരു സാധുവിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാണെങ്കിൽ അത് ആവശ്യമാണ് മനസ്സിന്റെ നിയന്ത്രണവും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണവും അത് സ്വാധീനമാക്കേണ്ടത് ആവശ്യമാണ് അത് വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അതല്ല ഒരു ജ്ഞാനിയുടെ നില അവിടെ അത് എല്ലാം സ്വാഭാവികമാണ് സ്വാഭാവികം എന്ന് പറയുമ്പോൾ എന്താണ് ജ്ഞാനിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമല്ല ജ്ഞാനിയുടെ സ്വഭാവമായിട്ട് ജ്ഞാനം മാത്രമേ ഉള്ളൂ ആ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നതാണ് ബാക്കിയുള്ള സർവ വ്യാപാരങ്ങളും അത് വിനയമായാലും ശമമായാലും പ്രഥമമായാലും സർവ്വതും അപ്പോൾ ഒരാജ്ഞനെപ്പോലെ പ്രത്യേകിച്ച് ഒരു ഞാനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ച് കൂട്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല ശ്രമമാതികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പരിശീലനമോ എന്തെങ്കിലും ഒരു ശീലമോ കൃത്രിവുമായി നിലനിർത്തേണ്ട ആവശ്യമില്ല സഹജമായി എന്താണോ അവിടെ അതിന് പ്രത്യേകിച്ച് ഹേതുക്കളില്ല അതിന് പ്രത്യേകിച്ച് ഫലവുമില്ല അതുകൊണ്ട് പറയുന്നത് അകൃത സ്വാഭാവികമാണ് സൃഷ്ടിക്കപ്പെട്ടതല്ല അനാതിയായ പ്രകൃതിയിൽ നിന്നും എന്താണോ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കുന്നു കൃതമാകണെ സ്വന്തം ജ്ഞാനവും ഇച്ഛയും പ്രയത്നവും എല്ലാം കൊണ്ട് അതിന് സംഭവിപ്പിക്കണം അങ്ങനെ ഒന്നും സംഭവിപ്പിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞു അത് പ്രാകൃതമാണോ സ്വാഭാവികമാണോ അകൃതകമാണോ അതുകൊണ്ട് വ്യക്തമാകാൻ വേണ്ടി അത്രയും വിശദീകരിച്ചു ദമോ പ്രകൃതി ദാന്തത്വ സ്വഭാവ ദൈവ ദമം എന്ന് പറയുന്നതും അങ്ങനെ പ്രകൃതി ദാന്തത്വ ആ ദമെന്ന് പറയുന്നതും സ്വപ്രകൃതിയായിട്ട് തന്നെ വരും പ്രകൃതി എന്ന് പറയുന്ന പ്രത്യേകത എന്താണ് എപ്പോഴാണോ സ്വന്തം ഇച്ഛ സ്വന്തം യത്നം ആവശ്യമായിട്ട് വരുന്നത് പ്രകൃതി എന്ന് പറയാൻ കഴിയത്തില്ല കാരണം അവിടെ ജീവഭാവം വരുന്നു ജീവന്റെ ഇച്ഛയും കൃതിയും എല്ലാം വരുന്നു ഇതങ്ങനെ പ്രകൃതി ദാന്തോഷവ പ്രകൃതി ദാന്തത്വ സഹജമായിരിക്കുന്നു ഇച്ഛകൃതി അതിനുവേണ്ടിയുള്ള പ്രത്യേക ജ്ഞാനം അതൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ല എന്നത് പ്രകൃതിയിൽ അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കുന്നു സ്വഭാവതയുക ഉപശാന്തരൂപത്വ ബ്രഹ്മനാ എന്തുകൊണ്ട് ആ അവിടെ ജ്ഞാനിയുടെ പ്രകൃതി എന്ന് പറയുന്നത് അത് ബ്രഹ്മസ്വരൂപം തന്നെ ബ്രഹ്മങ്ങനെ ഇരിക്കുന്നു അത് ഉപശമിച്ചിരിക്കുന്നു ശാന്തരൂപത്തിലിരിക്കുന്നു ഉപശമിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താണോ ജീവൻറേതായ യത്നവും ഇച്ഛയും കൃതിയും അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല ജീവന്മാരിലെപ്പോഴും അവരവരുടേതായ യത്നം ഇച്ഛ കൃതി ഇതെല്ലാം സംഭവിക്കുന്നു അതനുസരിച്ചാണ് അവര് അവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രാരബമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാൽ പക്ഷേ ഞാനീ സംബന്ധിച്ചങ്ങനെയല്ല സ്വയം തന്നെ ഉപശമിച്ചിരിക്കുകയാണ് ജീവഭാവത്തിലുള്ള ജ്ഞാനുച്ഛാ കൃതികളൊന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് പരവുമായ ശാന്തിയാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടതിന് സ്വാഭാവികം എന്ന് പറയുന്നു പ്രകൃതിദാന്തത്വാ സ്വഭാവദൈവ വശാന്തത്വ വശാന്തസ്വരൂപത്വ എന്ന് പറയുമ്പോൾ ആ ബാഹ്യമായി എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്നുള്ളതിന് പ്രാധാന്യമൊന്നുമില്ല ആന്തരികമായി എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം ആവശ്യമൊരു സാധനം സംബന്ധിച്ചങ്ങനെയല്ല അയാൾ ബാഹ്യമായി എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതിനും പ്രാധാന്യമുണ്ട് കാരണം അയാൾ അഭ്യാസം കൊണ്ട് സമ്മതമാതികൾ പരിശീലിക്കും ബാഹ്യമായ നിയന്ത്രണങ്ങളും ആവശ്യമാണ് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് അതുപോലെ ആയിരിക്കുമോ തത്വജ്ഞനൻ അതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ബാഹ്യമായി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉപശാന്ത സ്വരൂപമാണ് തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ശാന്തിയെ അതൊന്നും ഭജിക്കുന്നില്ല ഒരു സാധനം സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർ ബാഹ്യമായി പ്രവർത്തിച്ചാൽ അയാളുടെ ശാന്തി അത് ഭഞ്ജിക്കുന്നു ുമുള്ള വ്യത്യാസം കർമ്മം ഇച്ഛ ഇതെല്ലാം അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് കർമ്മത്തെ ത്യജിക്കേണ്ടത് അല്ലെങ്കിൽ പലപ്പോഴും ത്യജിക്കാൻ ആവശ്യപ്പെടും കർമ്മം ഒരാളെ ശല്യപ്പെടുത്തുന്നു ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയും ഉപേക്ഷിക്കാൻ പറയും ഒരു സാധന എന്നുള്ള നിലയ്ക്ക് പല സന്ദർഭങ്ങളിലും അത് ആവശ്യമായിട്ടും വരും കാരണം സന്യാസം എന്ന് പറയുന്നത് അത് എന്താണ് ഉപദ്രവിക്കുന്ന ശല്യം ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിക്കുക ഗൃഹസ്ഥാശ്രമവും മറ്റും ഉപേക്ഷിക്കുന്നത് സാധന എന്നുള്ളതൊക്കെയാണ് സന്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യതയോ ഗാർഹസ്ഥത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് സാധന എന്നുള്ളതൊക്കെ അത് ആവശ്യമാണ് പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ഉപശാന്തരൂപത്വ ബാഹ്യമായത് നടക്കുന്നു എന്നുള്ളത് അല്ല ആന്തരികമായ സ്ഥിതിയാണ് മുഖ്യം അതുകൊണ്ട് ശമധമാദികൾ പ്രത്യേക സാധനയായി അവിടെ നിലനിൽക്കുന്നില്ല യഥോക്തം സ്വഭാവോപശാന്തം അപ്പൊ അതിനെന്തു പറയാം സ്വഭാവ ഉപശമം എന്ന് പറയാ ബ്രഹ്മ വിദ്വാൻ ശമം ശാന്തിയും സ്വാഭാവികയും ബ്രഹ്മസ്വരൂപം അവൻ ആ സ്വാഭാവികമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അശാന്തി പ്രാപിക്കുന്നു അവനൊരു സാധുനും ്രഹ്മനിഷ്ഠനും തമ്മിലുള്ള വ്യത്യാസം ഒരു സാധകനെ സംബന്ധിച്ചും അയാൾ ശമവും ദമവും ഒക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ത്യാഗവും സന്യാസമൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റും ശാന്തി എന്ന് പറയുന്നത് ഇയാളുടെ മനസ്സിൻ്റെ ശാന്തിയായിരിക്കും സാധനം പറയുന്നത് മനഃശാന്തി അതുകൊണ്ട് തന്നെ എത്ര കാലം നിൽക്കും അതിനെത്ര സ്ഥിരതയുണ്ട് അതൊന്നും ആർക്കും പ്രവചിക്കാൻ വയ്യ മനസ്സ് വൃത്തി രൂപത്തിലുള്ളതാണ് അതുണ്ടാകുന്ന നശിക്കുന്നു അതിൽ ശാന്തി വൃത്തി വരാം അത് കഴിഞ്ഞ് വീണ്ടും അതിൽ നികൽപ്പ വൃത്തികൾ അതുകൊണ്ട് അതൊരു സ്ഥായിയായ കാര്യമല്ല അത് സ്വസ്ഥമാകാം അസ്വസ്ഥമാകാം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിനെ ശാന്തി നിലനിർത്താൻ സാധനകാലത്ത് സാധ്യമല്ല അതുകൊണ്ട് പലരും പലരും തന്നെ എല്ലാവരും പരാതി പറയുന്നതാണ് മനസ്സ് ഏകാഗ്രമാകുന്നില്ല മനസ്സ് ശാന്തമാകുന്നില്ല മനസ്സ് വിക്ഷിപ്തമാകുന്നു മനസ്സിൽ വികൽപ്പങ്ങൾ വരുന്നു എന്നും ഇത് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്നുകൊണ്ട് മനസ്സുള്ളിടത്തോളം കാലം മനസ്സിന് അതിന്റെ സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല ഒരു വസ്തുവിനും എൻ്റെ സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല മനസ്സിൻ്റെ സ്വഭാവമാണ് ശാന്തിയെങ്കിൽ മനസ്സിൻ്റെ സ്വഭാവം തന്നെയാണ് അശാന്തി രണ്ടും എന്തുകൊണ്ട് സ്വഭാവം എന്ന് രണ്ടും മനസ്സിൻ്റെ പരിണാമങ്ങളാണ് വൃക്കുകളാണ് ഒരാൾ ആഗ്രഹിക്കേണ്ടത് മനസ്സിന് സദാശാന്തി നിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു സാധനെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടും മാറി മാറി വരും അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ മനസ്സരിക്കലും സദാ ഏകാഗ്രമായിരിക്കുകയോ മനസ്സ് സദാ ശാന്തമായിരിക്കുകയോ ചെയ്യത്തില്ല അവരൊരു കൽപ്പന മാത്രമാണ് കേവലമായൊരു പ്രതീക്ഷ മാത്രമാണ് അങ്ങനെ ഇരിക്കുകയെന്നുള്ളത് അങ്ങനെ ആർക്കും ഇരിക്കത്തില്ല എന്തുകൊണ്ട് മനസ്സ് ആണത് മനസ്സിൻ്റെ സ്വഭാവമാണ് അങ്ങനെ മനസ്സ് ശാന്തമായിരിക്കും ിലും പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരവകാശവാദം മാത്രമാണ് അവരവരുടെ മനസ്സിനെ തന്നെ പരിശോധിച്ച് നോക്കുക ഈ മനസ്സ് എത്ര സമയം ശാന്തമായിരിക്കും ചുരുങ്ങിയ സമയത്തെ ശാന്തമായിരിക്കും ഇന്ന് ചിലർ പുറമേ ഭാവിക്കും എൻ്റെ മനസ്സ് ശാന്തമാണ്വികൽപ്പണ എന്തെങ്കിലും കള്ളത്തരമാണ് അങ്ങനെയൊന്നും മനസ്സരിക്കത്തില്ല കാരണം മനസ്സിന് ഒരിക്കലും അതിൻ്റെ സ്വഭാവത്തിന് ഒരു വസ്തുവിനും സ്വഭാവത്തിന് വിടാൻ പറ്റില്ല മനസ്സ് ശാന്തമാകുമെങ്കിൽ എന്തു വേണം അഗ്നി ശീലമാകണം അത് സംഭവിക്കില്ലല്ലോ അഗ്നിക്കെപ്പോഴെങ്കിലും ശീലമായിരിക്കാൻ പറ്റും എന്തുകൊണ്ട് അഗ്നിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അത് സാധ്യമുണ്ട് പിന്നെ ശമതമാദികളൊക്കെ ശീലിക്കുമ്പോൾ ആ സാധനയുടെ ബലം കൊണ്ട് മനസ്സ് ഏറെക്കുറെയൊക്കെ ശാന്തമായിരിക്കും ഒരു പരിധി വരെ അതിനപ്പുറം കഴിയത്തില്ല മനസ്സിനെ വളരെ പരിശ്രമിച്ച് നിറവികൽപ്പ സമാധി വരെ എത്തിക്കുക പക്ഷെ സമാധി എന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വകല്പത്തിലേക്ക് വന്നേ പറ്റൂകൽപ്പത്തിയിരിക്കണം അല്ലെങ്കിൽ അത് നിരന്തരം നിറവികൽപ്പ സമാധി തന്നെ ഇരുത്തണം ഏതൊരു ഇരുത്താൻ പറ്റും പരമാവധി കല്പ അവസാനം വരെ ഇരുത്താൻ പറ്റും എന്നാലും എന്നെങ്കിലും ഒരിക്കലും അതിൽ പറ്റൂ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇതുവേറെ വഴിയില്ല വികല്പത്തിലേക്കില്ലാ വികല്പ വൃത്തികളിൽ തന്നെ വരും അപ്പോൾ അങ്ങനെ സമാധിയിൽ നിന്ന് വരുമ്പോൾ വരുന്ന ആ വികല്പ വൃത്തികൾ അത് സാധാരണക്കാരിൽ നിന്നും അതിന് വ്യത്യാസമുണ്ടായിരിക്കില്ല അതൊക്കെ ഉണ്ടാകാം അതുണ്ടാകത്തില്ല എന്നാലും മനസ്സതിന്റെ സ്വഭാവത്ത് കളിയുന്നില്ല വീണ്ടും അത് വികല്പത്തിലേക്ക് തന്നെ വരും അതുകൊണ്ട് മനസ്സിന് മനസ്സിന്റെ ശാന്തി അതാണ് സാധകന്റെ ശാന്തി ഇവിടെ പറയുന്നതോ അതല്ല പറയുന്നു വിദ്വാൻ ശമംശാന്തിയും സ്വാഭാവികയും ബ്രഹ്മസ്വരൂപ ബ്രഹ്മസ്വരൂപേണ അവതിഷ്ഠത അത് മനസ്സിന്റെ ശാന്തിയല്ല അത് ബ്രഹ്മസ്വരൂപം തന്നെ ശാന്തമാണ് ഇവിടെ തത്വജ്ഞൻ എന്താണ് ആ ബ്രഹ്മസ്വരൂപ ശാന്തിയാണ് അയാൾ അനുഭവിക്കുന്നത് അതാണ് ബ്രഹ്മജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത് അത് മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ള സ്വയം പ്രകാശിക്കുന്ന ശാന്തി അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയുടെ ശാന്തി എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് അതുതന്നെയാണ് ബ്രഹ്മെന്ന് പറയുന്നത് അത് ഒരിക്കലും മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ളതല്ല മനസ്സിൽ മനസ്സുൾപ്പെടെയുള്ള ഈ സർവ ദ്വൈത പ്രപഞ്ചത്തിന്റെയും ഉപശമം കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാധ കൊണ്ട് സംഭവിക്കുന്ന തത്വജ്ഞാനം കൊണ്ട് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനനാശം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അതിൽ മനസ്സിന് കാര്യങ്ങളും അത് അവിടെ മനസ്സും മറ്റ് ജാഗ്രത സ്വപ്നങ്ങൾ ബാധിച്ചതുപോലെ തന്നെ മനസ്സുകൂടെ ബാധിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ശാന്തിയല്ല വിദ്വാൻ ശ്രമം ഉപശാന്തിയും സ്വാഭാവികയും അസ്വഭാവമാണ് മനസ്സിന്റെ സ്വഭാവമല്ല ബ്രഹ്മസ്വഭാവം ബ്രഹ്മസ്വഭാവമായിരിക്കുന്ന അശാന്തിയെ അത് വിശദീകരിക്കുന്നു ബ്രഹ്മസ്വരൂപ മനസ്സ്വരൂപമാണ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു അപ്പോ എന്താണ് അവിടെ അപ്പൊ മനസ്സില്ലേ എന്ന് ചോദിക്കും അപ്പോ ബ്രഹ്മജ്ഞനൻ ബ്രഹ്മജ്ഞന്റെ ശാന്തി മനസ്സിനെ ആശ്രയിച്ചല്ല അപ്പോ അവിടെ മനസ്സില്ലേ മനസ്സില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ വ്യവഹാരങ്ങൾ നടക്കും കൂടെ എന്താണോ ബ്രഹ്മജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മനസ്സില്ല എന്നർത്ഥം അവിടെ ജീവ മനസ്സില്ല ജീവഭാവമില്ല ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ജീവൻറേതായ കർണങ്ങളില്ല ശരീരമില്ല ജീവൻറേതായ മനസ്സില്ല ചിന്തകളില്ല അതൊന്നും അവിടെ ഇല്ല ജീവന്റെ സമാധിയില്ല സമാധിപര്യന്തമുള്ള അവസ്ഥാന്തരങ്ങളൊന്നും തന്നെ അവിടെയില്ല അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മസ്വരൂപ അതിന് വേണ്ടി പകരം വയ്ക്കാൻ വേറൊന്നുമില്ല ബ്രഹ്മസ്വരൂപം എന്നല്ലാതെ വേറൊരു വാക്കവിടെ പറയാനില്ല ആ ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ സാധനങ്ങളോ ഒന്നും അവിടെ നിലനിൽക്കുന്നുണ്ടരമമായ ശാന്തിയെ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മസ്വരൂപേണ് അവതിഷ്ട ഈ പറയുന്നതിന് ഇത്രേ പറയാനുള്ളു എന്താണോ ആ വിപ്രൻ ആ ബ്രാഹ്മണൻപത്തിൽ സ്ഥിതി ചെയ്തു സ്വരൂപസ്ഥിതി തന്നെയാണ് ഇവിടുത്തെ വിപ്രത ബ്രാഹ്മണ് വിപ്രാണാം വിനയോ ൃതിദാന് ഇതുവരെയുള്ള ഭാഗങ്ങൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ആത്മസ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലും മറ്റുള്ളവര് അതിനെ കുറിച്ചൊക്കെ എന്ത് പറയുന്നു എന്നുള്ള കൂടെ ചർച്ച ചെയ്തു മറ്റുള്ളവർ പറയുന്ന എന്തിനു ചർച്ച ചെയ്യുന്നു കാരണം മറ്റുള്ളവർ പറയുന്ന ആശയങ്ങൾ മനസ്സിലിരിക്കുന്നവൻ അത് ഉറച്ചുപോയവനെ കൊണ്ടൊന്നുകൂടി ചിന്തിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്നുവെച്ചാൽ ഇന്ന് വരെ അവനെ സംബന്ധിച്ച് എന്തൊക്കെ ധാരണകളാണോ മനസ്സിൽ വച്ചത് അനേക ശാസ്ത്രങ്ങളും മറ്റും അധ്യയനം ചെയ്ത് മനസ്സിൽ പല സിദ്ധാന്തങ്ങളും രൂഢമായിരിക്കുകയാണ് അവനെ നിരാകരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും എന്താണോ അവനെ തത്വത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ രീതിയിലാണ് ഇതുവരെ ചർച്ച ഇനി വരുന്ന ഭാഗങ്ങളിൽ എന്താണ് നേരിട്ടും ആ തത്വത്തെ പറയുകയാണ് അങ്ങനെ ജാഗ്രത സ്വപ്ന സുശക്തികളെ വിശകലനം ചെയ്തുകൊണ്ട് വീണ്ടും ആ തത്വത്തെ അവതരിപ്പിക്കുന്നു ോന്യവിരുദ്ധവാ സംസാരക രാഗദ്വേഷാംശന ഇതു ഭാഷകാലം പല സ്ഥലത്തും പറയുന്നു ഈ പ്രവാതകന്മാരുടെ ദർശനങ്ങൾ ഒരുപാടിങ്ങനെ പറയുന്നവർ നാനാവിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നവർ ഏകാഗ്ര ബുദ്ധിയില്ലാത്തവർ ഏകാന്ത യോഗത്തെ പ്രാപിക്കാത്തവരെന്നർ അവരാണ് പ്രാവാതകന്മാരെന്ന് പറയും നമുക്കറിയാവ ചില പരിശോധിച്ചു നോക്കും ഒന്നിനും നില ഉറക്കത്തില്ല അവരാണ് പ്രാവാതകന്മാരെന്ന് വരും കുറച്ചു സമയം യോഗം നോക്കും അവിടെ നിന്ന് നേരെ തന്ത്രത്തിലേക്ക് പോകും അവിടെ നിക്കത്തില്ല മന്ത്രത്തിലേക്ക് വരും പിന്നെ നേരെ അദ്വൈതത്തിലേക്ക് വരും പിന്നെ കർമ്മത്തിലേക്ക് വരും അവർക്കറിയാൻ വയ്യാത്തത് ഈ ലോകത്തിൽ ഒന്നും കാണത്തില്ല അറിയാവുന്നതൊന്നും കാണത്തില്ല ഇങ്ങനെ ചില കൂട്ടുണ്ട് അവരാണ് പ്രവാതകന്മാരെന്ന് പറയുന്നത് ശാഖാചംക്രമണം കൊരങ്ങന്റെ മനസ്സായിരിക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒന്നിൽ കുറയ്ക്കുമെന്ന് ചോദിച്ചു അദ്വൈതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും അവിടെ തന്ത്രത്തിലേക്ക് പോകും തന്ത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്വൈതത്തെ വന്നെത്തും എവിടെയെങ്കിലും വ്യക്തിയോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ വ്യക്തത്തുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായിരിക്കും കാരണം ഇത് യോജിപ്പിക്കാനും ഒക്കത്തില്ല അന്യോന്യം വിരുദ്ധത്വമാകും പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ് കാരണം ഇതൊന്നൊന്നിനോട് ചേരുന്ന കാര്യമില്ല ഇനി ഇത് എങ്ങനെയെങ്കിലും യോജിപ്പിക്കേണ്ട തരങ്ങളുണ്ടെങ്കിൽ അത് അവർക്കൊട്ട് പിടികിട്ടാത്തതുണ്ടോ ഈ മനസ്സിങ്ങനെ ഉച്ചലമായിരിക്കുന്നുണ്ട് ഏകാഗ്രത ഇല്ലാത്തതു കൊണ്ട് പലതിൽ മനസ്സിങ്ങനെ പരതി നടക്കും ഇത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഏതെങ്കിലും ഒന്നിനെ ഉറക്കിയ മനസ്സ് ഒന്നുകിൽ തന്ത്രത്തിൽ ഉറയ്ക്കുക അല്ലെങ്കിൽ മന്ത്രത്തിൽ ഉറക്കുക അല്ലെങ്കിൽ ഇതിനേതിനെങ്കിലും ഒന്നിലുറക്കുക ഇതല്ലാതെ പിടിച്ച് അവസാനം ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടെന്താ നേട്ടം പറയുന്നത് സംസാര കാരണമാണ് രക്ഷപ്പെടത്തില്ല എന്നാണ് സംസാരത്തിന് കാരണമായിരിക്കും രാഗദ്വേഷ ദോഷാസ്പദാണ് രാഗദ്വേഷ ദോഷങ്ങളും വരും ഈ തത്വം പറഞ്ഞു തന്നെ കലഹിക്കും കലഹപ്രിയന്മാരായി ഒരു തത്വം പറയും അതിന് തന്നെ വിരുദ്ധമായി മറ്റൊന്ന് കാണും ഇത് പരസ്പരം പറഞ്ഞു കലഹിക്കും എന്നുള്ളത് ഇവിടെ അദ്വൈതിയും കലഹിക്കുന്നുണ്ട് അതുകൊണ്ട് കാരണം ഇതുവരെ എന്ത് ചെയ്തു അവർ പറഞ്ഞത് ശരിയില്ല ഇവര് പറഞ്ഞത് ശരിയല്ല എന്നെല്ലാം പറഞ്ഞു പക്ഷേ കലഹിക്കുന്നുണ്ടെങ്കിലും അത് രാഗദ്വേഷ ആസ്പദമാണ് രാഗദ്വേഷങ്ങളിൽ പ്രേരിതമായിട്ടില്ല തത്വനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് തത്വത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ തത്വങ്ങളെ വിശകലനം ചെയ്യുന്നതും നിരാകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ തത്വജ്ഞൻ ഒന്നിനെ അംഗീകരിക്കുന്നത് അതിനെ സമർത്ഥിക്കുന്നത് രാഗം കൊണ്ടല്ല അതുപോലെ ഒന്നിനെ നിഷേധിക്കുന്നത് ദ്വേഷം കൊണ്ടുകൊണ്ട് അപ്പൊ രാഗദ്വേഷങ്ങൾ കൂടാതെയാണ് അതുഭാഷികാരൻ പല ഭാഗങ്ങളും പറയുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിചാരത്തിൽ ചിലപ്പോൾ ന്യൂനതകൾ വന്നെന്നിരിക്കാം അതിലെന്തെങ്കിലും പഴുതുകൾ ഉണ്ടായെന്നിരിക്കാം ഇനി ആ വിചാരം വളരെ പ്രൗഢമായെന്നു വരാം അത് കുറവുകളൊന്നും ഇല്ലാത്തതായിരിക്കാം എന്തായാലും ശരി ആ വിചാരം ചെയ്യുന്നവനും ഇതിനെ പ്രേരിപ്പിക്കുന്നവരിക്കലും രാഗദ്വേഷങ്ങളൊണ്ട് ഈ തത്വത്തിൽ തത്വത്തെ വിശകലനം ചെയ്യുന്നിടത്ത് വിശദീകരിക്കുന്നിടത്ത് തത്വത്തിന്റെ മനനത്തിൽ പലയിടത്തും നിഷേധങ്ങളുണ്ട് ആ നിഷേധം ഒരിക്കലും ദേഷ്യം കൊണ്ടല്ല സംഭവിക്കുന്നത് എന്നത് തത്വനിഷ്ഠയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് നിഷേധിക്കുന്ന ആശയത്തോടോ അല്ലെങ്കിൽ അതിന്റെ വക്താക്കളോടോടെ ദ്വേഷമില്ല അദ്വൈതിക്ക് എന്തായാലും പക്ഷെ ഈ പ്രാവാതകന്മാർക്ക് അങ്ങനെയല്ല അവര് ഇത് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾക്ക് ആസ്പദമായിട്ടാണ് അവര് അവര് പറയുന്ന ആശയങ്ങളോട് മമത കാണും എതിരെയുള്ള ആശയങ്ങളോട് അവർക്ക് വിദ്വേഷം വരും അതങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത് അധ മിഥ്യ ദർശനാനിത്താനീതി യുക്തിഭിരേവ ദർശയിത്വ അതുകൊണ്ട് അവർ പറഞ്ഞതല്ല അസംബന്ധമാണ് മിഥ്യാദർശനങ്ങളാണ് ഇവർ പറയുന്നത് മിഥ്യാ ദർശനം എന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്ന കാര്യങ്ങൾ അസംബന്ധമൊന്ന് വിവേകിക്ക് എളുപ്പം ബോധ്യപ്പെടുന്നതാണ് അതിന് മിഥ്യാദർശനം പറയുന്നത് സത്യമല്ല അപേക്ഷികമായത് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ വിചാരശീലന്മാർക്ക് അതിന് കഴമ്പൊന്നുമില്ല എന്ന് അനായാസമായി ബോധ്യപ്പെടും അവരുടെ മിഥ്യാദർശനുഭിരേവദർ ചെയ്യവരുടെ പരസ്പര യുക്തികളെ കൊണ്ട് തന്നെ അവര് നിഷേധിക്കപ്പെടുന്നു ഒരാൾ പറയുന്നതിന് വിരുദ്ധമായി മറ്റൊരാൾ പറയുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലാകും അന്ന് തത്വ യുക്തിരേവദർ ചെയ്യ ചതുഷ്കോടി വർജിതത്വാഗാദി ദോഷ അനാസ്പദം സ്വഭാവശാന്തം അദ്വൈത ദർശനമേവ സമഗ്ര ദർശനം അതുകൊണ്ട് അദ്വൈത ദർശനം അദ്വൈത ദർശനത്തിൽ നിഷേധങ്ങളും സമർത്ഥനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം രാഗാതിദോഷ അനാസ്പദം അവിടെ രാഗാദിദോഷങ്ങളില്ലാതെയാണ് തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ട് അതിനെ വിചന്തനം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ രാഗാതിദോഷങ്ങൾക്ക് സ്ഥാനമില്ല അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത് നിങ്ങളെ അദ്വൈതികൾ നിങ്ങളും മറ്റുള്ളവരെ കുറ്റം പറയുകയല്ലേ അവർ പറയുന്നത് ശരിയല്ല അവര് പറയുന്നത് ശരിയല്ല എന്ന് പറയുകയല്ലേ അപ്പൊ അങ്ങനെ പറയണമെങ്കിലും നിങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ വേണ്ടേ എന്ന് ചോദിക്കരുത് രാഗാദി ദശനാസ്പദമായിട്ടാണ് കേവലം തത്വവിശകനം ചെയ്യുന്നു രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ അല്ല എന്തുകൊണ്ട് സ്വഭാവശാന്തം അത് അവർ സ്വയം ഇത് വിശദീകരിക്കുന്ന ആചാര്യൻ സ്വയം എന്താണ് ശാന്തനാണ് എന്നുള്ളത് അവിടെ രാഗദ്വേഷങ്ങൾക്ക് അവസരമില്ല സ്വഭാവശാന്തം എന്തുകൊണ്ട് ആ തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ടാണിത് വിശദീകരിക്കുന്നത് തത്വനിഷ്ഠയിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ രാഗദ്വേഷങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല സ്വഭാവശാന്തം അന്ദ്ധം അന്ദ്ധ ദർശനം അതാണ് അദ്വൈത ദർശനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അപ്പോ എന്താണ് ഇത് ധർമ്മമാണോ ഇത് അധർമ്മമാണ് ഇത് ന്യായമാണ് അന്യായമാണ് എന്ന് നമ്മൾ വിവേചനം ചെയ്യുന്നതുപോലെ തന്നെ ഇത് സത്യമാണ് അസത്യമാണെന്ന് ദർശനത്തെ പറയുന്നത് കൊണ്ട് പറയുന്നവന് രാഗദ്ദേശങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്തുകൊണ്ട് അവൻ സ്വഭാവശാന്തനാണ് അതാണ് അവന്റെ ദർശനം അതുകൊണ്ടിത് സംയുക്ത ദർശനമാണ് സംയുക്ത ദർശനം എന്തുകൊണ്ടായിരിക്കുന്നു രാഗദ്വേഷങ്ങളെ ആശ്രയിക്കാതെ ഇതിനെ പ്രതിപാദിക്കാൻ കഴിയുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത് സംയുക്ത ദർശനമാണ് രാഗദ്വേഷങ്ങള് നിരാകരിച്ചുകൊണ്ട് പ്രതിപാദിക്കാൻ കഴിയാവുന്ന ഒരു ദർശനം അതുകൊണ്ട് സംയുക്ത ദർശനമാണ് ദർശനത്തെ ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ആചാര്യനും ആ സമീപ ദർശന നിഷ്ഠനായിരുന്നാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത് ഉപസംഹൃതം അഭൈദാനും സ്വപ്രക്രിയ പ്രദർശന ആരംഭക അവിടെ വശപ്പെടാതെ ഇവിടെ ആചാര്യൻ ആ പൂർവപക്ഷങ്ങളെല്ലാം നിഷേധിച്ചു അതും അദ്വീതത്തിൽ വരുന്ന ഒരു സംശയമാണ് ൊരുപാട് പൂർവ്വപക്ഷങ്ങളും അതിന്റെ നിരാകരണങ്ങളും സിദ്ധാന്ത സ്ഥാപനവും ഒക്കെ ഉണ്ട് ഇവിടെയെല്ലാം രാഗവും ദേഷ്യവും വരുമോ പറയുന്നു അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല സുപ്രക്രിയാദർശനാർത്ഥം ഇനി എന്താണ് നേരിട്ട് തന്റെ ആശയത്തെ പറയുകയാണ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്യേഴാമത്തെ വിശദീകരിക്കുന്നു സമൃദ്ധിസ്ട്രി സവസ്തുവൃദ്ധിസ്ട്രമിച്ച് സഹ വർത്ത വസ്തുന സഹ വർത്ത സ വസ്തു വസ്തുവെന്ന് പറഞ്ഞാൽ എന്താണ് സമൃദ്ധി സത് വ്യാവഹാരിക സത് സമൃദ്ധി സത് ഇതും ബൗദ്ധാസ്ത്രങ്ങളുപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സമൃദ്ധി സത് ഭാഷയ്ക്ക് ഒരുപാട് സാമ്യമുണ്ട് ബൗദ്ധ ദർശനങ്ങളുമായിട്ട് ൌദ്ധന്മാർ ഉപയോഗിക്കുന്ന വളരെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അത് സമൃദ്ധി സത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ പറയുന്ന വ്യവഹാരിക സത് വ്യാവഹാരിക സത് ഉള്ള പദാർത്ഥങ്ങൾ സവസ്തു സമൃദ്ധി സത്തായ സമൃദ്ധി സാവ വസ്തു സഹവർത്തത ഇത് സമസ്തു എന്നുവെച്ചാൽ വ്യവഹാരിക വസ്തു എന്നർത്ഥം വ്യാവഹാരിക വസ്തു എന്ന് പറയുമ്പോൾ ജാഗ്രത പ്രധാനമായി അനുഭവിക്കുന്ന വസ്തുക്കൾ അതിന് വ്യാവഹാരിക വസ്തു എന്ന് പറയാൻ പറ്റും എല്ലാം അല്ല ജാഗ്രത അനുഭവിക്കുന്ന എല്ലാം സമ്പ്രതി സത്താ ച ഉപലബ്ധി ഉപലംഭ തേന സഹവർത്ത രീതി സ്വപലംഭം ച എന്തുകൊണ്ട് സർവവും സമ്പ്രതി സത്തല്ല വ്യാവഹാരിക സത്തല്ല എന്ന് പറഞ്ഞത് ഉപലബ്ധി ഉപലംഭ പ്രതീതി ജാഗ്രത നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലോ ശക്തികാരതം രചിസർപ്പം ഒരു മരീചിക അതിനെയാണ് അടുത്ത് പറയുന്നത് ഉപലംഭം രണ്ടാം നമ്പർ സവസ്തു സ്വോപലംഭം സവസ്തു പറയുമ്പോൾ വ്യാവഹാരിക സത്യമുള്ള ജാഗ്രത അനുഭവപ്പെടുന്നു ഇതേ ജാഗ്രതത്തിന് അനുഭവപ്പെടുന്ന ഉപലംഭം പ്രതീതി മാത്രം ഭ്രമ വസ്തുക്കൾ ഇതാണ് ഉപലംഭ തേനുസഹവർത്തത സ്വപലംഭം രണ്ട് കാര്യങ്ങളാണ് ജാഗ്രത അനുഭവപ്പെടുന്നത് ഒന്ന് വ്യാവഹാരിക സത്യമുള്ള വസ്തുക്കൾ നമ്മുടെ ഇമ്മിൽ കാണുന്ന പദാർത്ഥങ്ങൾ മറ്റൊന്ന് കേവലം പ്രാതിഭാസിക ശരീരങ്ങളോ ഇത് രണ്ടുംബം ഇതാണ് ശാസ്ത്രാദി സർവ്യവഹാരം ഗ്രാഹക ലക്ഷണം ദ്വയം ലൗകികം ലോകം ലൗകികം ജാഗ്രതംബം എന്ന് പറയുന്നതാണ് ജാഗ്രത ജാഗ്രത നിർവചിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജാഗ്രത രണ്ട് തരത്തിലാണ് പദാർത്ഥങ്ങൾ അനുഭവപ്പെടുന്നത് ഒന്ന് വ്യാവഹാരിക സത്യമുള്ള നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ളവ മറ്റൊന്ന് കേവലം പ്രതീതി മാത്രം പ്രതീതിയിൽ നിലനിൽക്കുന്നത് മുതലായ ഇതാണ് ശാസ്ത്രാദി സർവ വ്യവഹാരാസ്ത്രം ശാസ്ത്രം ഗുരു തുടങ്ങിയ സർവവ്യവഹാരങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് പ്രധാന ആലംബമായിരിക്കുന്ന ഈ ജാഗ്രത ഇവിടെയാണല്ലോ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് സ്വപ്നത്തിൽ ചർച്ച ചെയ്യുന്നു ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ പരിശോധിക്കും ഇപ്പോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എന്താണ് ശാസ്ത്രമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എന്താണ് ഗുരു ഈ ശാസ്ത്രം ഗുരു തുടങ്ങിയ സർവ്വകാര്യങ്ങളും എന്താണ് ഇതെല്ലാം വ്യവഹാരങ്ങളാണ് ജാഗ്രത വ്യവഹാരത്തിന്റെ ഭാഗമാണോ ഇത് ഗ്രാഹ്യ ഗ്രാഹകലക്ഷ്യം ഇതിനെ രണ്ടായി തിരിക്കാം ഒന്നെന്താണ് ഗ്രാഹകൻ അത് ഗ്രഹിക്കുന്ന ഒരാള് മറ്റൊന്ന് ഗ്രാഹ്യം ഇത് സർവവും ഗ്രാഹ്യം നിങ്ങൾ പറയുന്നത് ശാസ്ത്രമായാലും ഗുരുവായാലും എന്തൊക്കെയാലും ശരി അതെന്താണോ ഇതാർക്കാ ഇതൊക്കെ അനുഭവപ്പെടുന്നത് ഒരു ജീവന് അനുഭവപ്പെടുന്നത് ഒരു ജീവന്റെ ജാഗ്രത അനുഭവപ്പെടുന്നതാണ് സർവവും ബന്ധമോഷങ്ങൾ ഉൾപ്പെടെയുള്ള സർവവും ബ്രഹ്മം ഉൾപ്പെടെയുള്ള സർവവും എന്താണോ ഈ ജീവന്റെ ജാഗ്രതത്തിലാണ് ശാസ്ത്രവും ശാസ്ത്രത്തിൽ പ്രതിപാദിതമായിരിക്കുന്ന ഈ ബ്രഹ്മവും ആ ബ്രഹ്മത്തെ സഹായിക്കുന്ന ഗുരുവും സർവവും എന്താണോ ഗ്രാഹക രണ്ട് രൂപത്തിലാണ് ഒരു ജീവനെ സംബന്ധിച്ച് അതിനെ ഇതിൽ ഗ്രഹിക്കുന്ന താനും താൻ ഗ്രഹിക്കുന്നതായി മറ്റ് സർവവും ദ്വയം വ്യാവഹാരികവും പ്രാതിഭാസികവുമായിരിക്കുന്ന ഇത് രണ്ട് ഇത് പിന്നെന്ത് പറയും ലൗകികം ലൗകികം എന്ന് പറയുന്നത് എന്താണോ ലോക അനഭേദം എന്നുവെച്ചാൽ ലോക പ്രസിദ്ധം ഇതാണ് ഈ വ്യവഹാരകാലത്ത് പ്രസിദ്ധമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറാതിരിക്കുന്നത് ജാഗ്രത്തിൽ അനുഭവത്തിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല നമുക്കത് കഴിയുമോ ജാഗ്രത ഉണ്ണിണന്നിരിക്കുക അവിടെ നിന്ന് ചെയ്യുക വ്യാവഹാരികവും പ്രാതിഭാസികവുമായിട്ടുള്ള ഇതിനെ മാറ്റുക അത് നമുക്ക് സാധ്യമല്ല ഉണർന്നോ ഇതെല്ലാം മുമ്പിലുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ ലൗകികം എന്ന് പറയുന്നത് ലൗകികം എന്നുവെച്ചാൽ ലോകയെ വിദുത ലോകയെ പ്രസിദ്ധം എന്നൊക്കെയാണ് അതിൻ്റെ വിത്പത്തി പക്ഷെ ഇവിടെ ആ വിത്പത്തിയുടെ താല്പര്യം എന്താണ് നമുക്ക് മാറ്റാൻ കഴിയാത്തത് ജാഗ്രതയിൽ മാറ്റാൻ കഴിയാത്തത് ജാഗ്രത ഉണ്ടോ അവിടെ ഇതെല്ലാം ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ട് എന്താണ് അനഭേദം എന്ന് പറയുന്നത് ഇത് മാറുന്നില്ല സർവവദനാകത്തവരും ബന്ധവും മോക്ഷവും ശാസ്ത്രവും ഗുരുവുമല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഏകമായിരിക്കും ഇതിപ്പോ ഒരാൾ പറയുന്നു തനിക്ക് തനിക്ക് ഈ പ്രപഞ്ചമുണ്ട് തൻ്റെ ഈ പ്രപഞ്ചത്തിൽ അനേകം പേരുണ്ട് ാനും അനേകം പേരും കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്നൊക്കെ നമ്മൾ കൽപ്പിക്കും വാസ്തവത്തിൽ പ്രപഞ്ചം കേവലം വ്യക്തിനിഷ്ഠമാണ് എന്നുവെച്ചാൽ ഗ്രാഹകനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് ഗ്രഹിക്കുന്ന തന്നെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലക്കുന്നത് ആ ഗ്രാഹകന് പ്രപഞ്ചം എങ്ങനെ അനുഭവപ്പെടുന്നു ഗ്രാഹ്യമായിട്ട് തന്റെ ഗ്രാഹ്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആത്മാവി ഏകമാണെന്ന് പറയുന്നത് ഗ്രാഹകനാരാണ് താൻ ായിരിക്കുന്ന താൻ അല്ലാതെ രണ്ടാമതൊരാളുണ്ടോ ഗ്രാഹകനായിട്ട് തന്നെ സംബന്ധിച്ചിട്ട് ഇനിയോ തന്റെ ഗ്രാഹ്യമായിരിക്കുന്നതിലും നമ്മൾ പല ഗ്രാഹകന്മാരെ കൽപ്പിക്കുകയാണ് എന്റെ ദൃശ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഞാൻ പറയുന്ന എന്താണോ ഞാൻ അറിയുന്നു അതുപോലെ നീ അറിയുന്നു മറ്റവനറിയുന്നു ഒരുപാട് ഗ്രാഹകന്മാരെ നമ്മൾ കൽപ്പിക്കുകയാണ് ഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രാഹ്യത്തിലാണ് അല്ലാതെ തന്നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒരു ഗ്രാഹകനേ ഉള്ളൂ താൻ മാത്രം ഗ്രഹിക്കുന്നവൻ താൻ മാത്രം അപ്പോ എനിക്ക് പറയാൻ പറ്റൂ ഞാനൊരു ഗ്രാഹകൻ നീ മറ്റൊരു ഗ്രാഹകൻ അങ്ങനെ പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് നീ ഗ്രാഹകനായിരിക്കുന്നത് എന്റെ ഗ്രാഹ്യമായിട്ടാണ് എന്റെ ഗ്രാഹ്യമായിട്ടാണ് നീ ഗ്രാഹകനായിരിക്കുന്നത് അല്ലാതെ നിനക്ക് സ്വതന്ത്രമായി ഒരു ഗ്രാഹകനായി നിൽക്കാൻ പറ്റത്തില്ല നീ ഗ്രാഹകനായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഞാനില്ല എന്തുകൊണ്ട് ഞാൻ ഗ്രാഹ്യമാണ് കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും എന്താണോ താൻ ഗ്രാഹകനും ബാക്കി സർവവും ഗ്രാഹികമാണ് ഇപ്പോ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതേയുള്ളൂ ഗ്രാഹ്യ ഗ്രാഹകം എന്ന രൂപത്തിനുള്ളു അതിൽ ഗ്രാഹ്യമായിരിക്കുന്നതാണ് സർവ്വം എന്താണ് ശാസ്ത്രം ഗുരു ബന്ധം മോക്ഷം സർവവും ആ ഗ്രാഹ്യകോടിയിൽപ്പെട്ടിരിക്കുന്നു അതിനെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാഹകനാണ് ഇവിടെ തുര്യൻ എന്ന് പറയുന്നു ഇതെല്ലാം എന്താണ് തുര്യന്റെ സ്പന്ദനമാണെന്ന് പറഞ്ഞത് അതിവിടെ വ്യക്തമാക്കുകയാണ് പക്ഷെ ഈ ഗ്രാഹ്യഗ്രാഹാവം താൻ ഗ്രാഹകനായിരുന്നു കൊണ്ട് സർവത്തെയും ഗ്രാഹ്യമാകുന്ന ഈ ഭാവം ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എവിടെ ഈ ജാഗ്രത ഈ ജാഗ്രത നമുക്കിതിനെ നിരാകരിക്കാൻ കഴിയുന്നില്ല ഇത് വിദിതമായിരിക്കുന്നു എന്നറിയാം ഉണർവിലേക്ക് വന്നോ ഇത് നമ്മളോട് ചേർന്ന് ഇതിനെ മാറ്റാൻ കഴിയുന്നില്ല ഇതിൽ നിന്നൊരിക്കലും മാറി നീക്കാനും കഴിയുന്നില്ല അതാണ് ലോക ൗകികം ജാഗ്രതം അതിനാണ് ജാഗ്രതെന്ന് പറയുന്നത് ആ ജാഗ്രത വ്യക്തത അതിനെ കാണിക്കാൻ വേണ്ടി പറയുകയാണ് ആ ജാഗ്രത പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കാൻ അതിനു വേണ്ടിയും പറയുകയാണ് ആ ജാഗ്രത ആ ഗ്രാഹകന്റെ സ്ഥാനം എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഗ്രാഹകന്റെ നിലയിൽ നിന്ന് പോകുമ്പോൾ ഈ ജാഗ്രത്തിൽ നമ്മൾ കൽപ്പിക്കുന്ന മറ്റ് ഗ്രാഹകന്മാർ അവരുടെ സ്ഥാനം എന്താണോ അതെല്ലാം ഗ്രാഹ്യ കൂടിയിൽപ്പെടുന്നതേ ഗ്രാഹകൻ എന്നുള്ള നിലയ്ക്ക് വാസ്തവത്തിൽ തനിക്കല്ലാതെ മറ്റൊരാൾക്കൂടെ സ്ഥാനം ഒരു ഗ്രാഹകനെയും അല്ലാതെ രണ്ടാമതൊരു ഗ്രാഹകൻ ഇവിടെയില്ല നമ്മൾ ധരിക്കുന്ന എന്താണോ ഞാനറിയുന്നു ഞാൻ ഗ്രഹിക്കുന്നവനാണ് ഞാൻ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുന്നു അപ്പോൾ അവരും ഗ്രഹിക്കുന്നവരാണ് ഞാൻ എങ്ങനെയാണ് ഗ്രാഹകനായിരിക്കുന്നത് അതുപോലെ അന്യനും ഗ്രാഹകനായിരിക്കുന്നു ഇതെല്ലാം വാസ്തവത്തിൽ എന്താണോ ഈ താനായിരിക്കുന്ന ഗ്രാഹകന്റെ ഗ്രാഹ്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം അവിടെ ഗ്രഹിക്കുന്നവൻ ഒരാൾ മാത്രമേ അതാണ് ഗ്രാഹ്യ ഗ്രാഗലക്ഷണം രണ്ട് ലൗകികം ലോകാധനഭേദം ലൗകികം ജാഗരിതം ഇതാണ് ജാഗ്രത കൂടുതൽ സ്പഷ്ടമായി ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് ലക്ഷണം ജാഗരിതം വിശ്വതാന്തേഷ വേദാന്തത്തിൽ അതായത് ഉപനിഷത്തുകളിൽ അദ്വൈതത്തിൽ വിശേഷിച്ച് ഇവിടെ വേദാന്തം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്വൈതം അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം വേദാന്തത്തിൽ അദ്വൈതം മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ മറ്റൊന്നും പ്രതിപാദിക്കുന്നില്ല അതുകൊണ്ടിവിടെ വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ഇവിടെ ജാഗ്രതം ഇങ്ങനെയാണോ ഏകനായ ഗ്രാഹകനും ബാക്കി സർവവും ഗ്രാഹ്യവുമായിരിക്കുന്ന അവസ്ഥ ഏകനായ താൻ ബാക്കി സർവദാക്കളും ദൃശ്യമായിരിക്കുന്നു ഇതാണ് ജാഗ്രത് ഇത് ഒന്ന് മുഖ്യം ആയിരിക്കുന്നത് അതാണ് സവസ്തുവോപലം ദ്വയം ലൗകിക എന്ന് പറയുന്നത് ലൗകികം എന്ന് പറഞ്ഞാൽ അവിടെ ജാഗ്രത ലൗകികം നടക്കുന്നത് ഇനി അടുത്ത് പറയുന്ന സ്വപ്നത്തെ കുറിച്ചാണ് അവസ്തു സമൃദ്ധിയുടെ പ്രഭാവ ഇനി അടുത്ത് പറയുന്ന അവസ്തു അവിടെ സമൃദ്ധി ഇല്ല സമൃദ്ധി എന്ന് വെച്ചാൽ വ്യാവഹാരിക വസ്തുല്ല വ്യാവഹാരിക വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാവഹാരികമായ നിലയിലിരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് വ്യാവഹാരികമായ ശാസ്ത്രത്തെ ആശ്രയിച്ച് പറയുക വ്യാവഹാരികമായ ഗുരുവിനെ ശിഷ്യനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇവിടുത്തെ തത്വചിന്തയും വ്യാവഹാരികമാണ് സർവവും വ്യാവഹാരികമായിരിക്കുന്ന ഈ നിലയെ ആശ്രയിച്ച് പറയുമ്പോ എന്താണ് സ്വപ്നത്തിൽ വ്യാവഹാരികമില്ല എന്നിട്ട് ഈ വ്യവഹാരികം അവിടെ ഇല്ല സ്വപ്നത്തിൽ സ്വപ്നത്തിന്റേതായ വ്യാവഹാരികമാണ് പക്ഷെ നമുക്ക് തൽക്കാലം പറഞ്ഞല്ലോ ലോകതനഭേദം അത് നമ്മളെ ഒരു പോരായ്മയാണ് ഒരു ദൗർബല്യം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ശേഷിയില്ല എന്താണ് ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പക്ഷെ ഇവിടെ നിന്ന് വിട്ടിട്ട് ഈ ജാഗ്രത്തിനെ വിട്ടിട്ട് നമ്മുടെ സ്വേച്ഛയ സ്വപ്നത്തിലേക്ക് പോയി സ്വപ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വയ്യ അതുകൊണ്ടാണെന്ന് പറഞ്ഞ എപ്പോഴാണോ നമ്മളിതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതിനെ വിടാനൊക്കത്തില്ല ഇതിന് മാറിപ്പോകാൻ കഴിയത്തില്ല എല്ലാ അഭ്യാസങ്ങളും ഇതിന് ഇരുന്നുകൊണ്ട് കഴിയത്തുള്ളു അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ഈ വ്യവഹാരത്തിൽ നിലനിന്നുകൊണ്ട് പറയുമ്പോൾ സ്വപ്നത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റും അവിടെ ഈ വ്യവഹാരമില്ല വിടെ വ്യാവഹാരികത ഇല്ല സമൃദ്ധിയിലൊക്കെ അഭാവാ അതുകൊണ്ടാണ് അതിന് അവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യാവഹാരികത അവിടെ അനുഭവപ്പെടുന്നില്ല ഇതിനങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അവിടെ എത്തിച്ചേരുമ്പോഴോ പൂർണമായും ഇത് വിട്ടുപോകുന്നു പിന്നെ പൂർണമായും വിട്ടിട്ടേ അവിടെ എത്തിച്ചേരാൻ കഴിയുന്നു സ്വപ്നത്തിനെത്തുമ്പോൾ ഈ വ്യാവഹാരികത പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നു പൂർണ്ണമായും നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് അത്യന്തം പൃഥക് ഇവിടെ പറയുന്നു അത്യന്തം വ്യത്യസ്തമാണെന്നത് ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് ഒന്നും നിന്നുകൊണ്ട് നോക്കും മറ്റൊന്നിലേക്ക് ഒരു കാലത്ത് വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശരി അത് കഴിയുന്നില്ല ഒന്നിനെ പാടേ നിരാകരിച്ചിട്ട് അടുത്തെത്താൻ പറ്റുന്നു അതുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം അവസ്ഥയാണ് അവിടെ ഈ വ്യാവഹാരികതയില്ല സൂപലംഭം എന്നാൽ അവിടെ ഉപലംഭമുണ്ട് വ്യാവഹാരികതയില്ല എന്ന പ്രതീതിയുണ്ട് അതാണ് സ്വപ്നവും ജാഗ്രതയും തമ്മിലുള്ള സമ്മാനത എന്നൊരു സ്വപ്നത്തിന് എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടുത്തെ ഈ വ്യവഹാരത്തെ എവിടെ നിഷേധിക്കുക ഈ വ്യവഹാരികത എവിടെയില്ല ഇതേപടി അങ്ങോട്ട് അനുവർത്തിക്കുക ജാഗ്രത ജാഗ്രതനുവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ജാഗ്രതയിൽ നിന്നും ഇനി അടുത്തൊരു ജാഗ്രതയിലേക്ക് പോയാൽ അവിടെ ഈ ജാഗ്രത അനുവർത്തി അവിടെ കാണും തുടരുന്നു കഴിഞ്ഞ ജാഗ്ര ബാക്കി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തെ ബാക്കി എന്ന് പറയും ഇന്നലത്തെ ഇതിന്റെ ബാക്കി എന്ന് എന്തുകൊണ്ട് പറയുന്നു അതിന്റെ താല്പര്യമാണ് കഴിഞ്ഞ ജാഗ്രത ബാക്കി കാരണം അതിന്റെ ഇടയ്ക്ക് മറ്റു പലതും കടന്നു പോകുന്നു ഒരു സ്വപ്നമോ ഒരു സുഷുതിയോ അല്ലെങ്കിൽ കാലങ്ങളുടെ ഒരു ഭേദമോ എന്തെങ്കിലും വേണം ഒന്നുകൊണ്ട് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ജാഗ്രത ബാക്കി അതാണ് പക്ഷെ ഈ ജാഗ്രത നമുക്ക് കഴിഞ്ഞ സ്വപ്നത്തിന്റെ ബാക്കി അത് നമുക്ക് കഴിയുന്നില്ല പിന്നിട്ട് ഒരു സ്വപ്നത്തിന്റെ ബാക്കി നമുക്ക് ജാഗ്രതയും കൊണ്ടുവരാൻ പറ്റും എന്തുകൊണ്ടാണ് വസ്തുവിനെ അവിടെ നിഷേധിക്കുന്നുണ്ട് ഈ ജാഗ്രത വസ്തുക്കളെ അവിടെ നിഷേധിക്കുന്നു പക്ഷെ ഒന്നിനെ നമുക്ക് അവിടെയും നിഷേധിക്കാൻ കഴിയും എന്താണ് പ്രതീതി പ്രതീതി നമുക്ക് നിഷേധിക്കാൻ കഴിയും പറഞ്ഞ ശ്ലോകലംഭം എന്ന് പറയും വസ്തുവിനെയാണ് നിഷേധിക്കുന്നത് എന്തേ പ്രതീതിയെ നിഷേധിക്കുന്ന എല്ലാം പറഞ്ഞെന്താണോ നമ്മുടെ ജാഗ്രത ഇവിടെ ആനയെ കാണാം ഇവിടെ ആ പ്രതീതിയുണ്ട് സ്വപ്നത്തിനുമുണ്ട് അവിടെ ആനയെ കാണുന്നുണ്ട് പ്രതീതി രണ്ടിടത്തും ഉണ്ട് ഉപലംഭം രണ്ടിടത്തുമുണ്ട് പക്ഷെ എന്താ മാറിപ്പോയത് ആന മാറിപ്പോയി ജാഗ്രത കണ്ട് ആനയല്ല സ്വപ്നത്തിനുള്ള അത് നമുക്ക് പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ജാഗ്രത കണ്ട ആനയെ നമുക്ക് വീണ്ടും കാണാം ഈ ജാഗ്രത കാണാം അതിനൊരു പ്രയാസമില്ല അവിടെ പ്രത്യഭിജ്ഞ ഉണ്ടാകും ആ ഇന്നലെ കണ്ട ആനയെ തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടെ എന്താണ് ഉപലംഭവും പ്രതീതിയും വസ്തു സവസ്തു വസ്തു രണ്ടും അവിടെ അനുവർത്തിക്കുന്നു പക്ഷേ ജാഗ്രത സ്വപ്നവും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല രണ്ടിടത്ത് ഉപലംഭമുണ്ട് പ്രതീതിയുണ്ട് ആനയുടെയും കുതിരയുടെയും എല്ലാം പ്രതീതികളുണ്ട് പക്ഷെ അവസ്തുവാണ് വസ്തു അങ്ങോട്ട് കിടക്കുന്നില്ല അതാണ് രണ്ടിന്റെയും ഭേദമായി പറയുന്നത് രണ്ടിനെയും വരുതിരിക്കാൻ വേണ്ടി പറയുന്നു ഒന്നിന്റെ അനുവൃത്തി മറ്റൊന്നും സംഭവിക്കുന്നില്ല ഇന്ന് വരെ നിന്ന് സ്വപലംഭം വസ്തുവത് ഉപലംഭനം എങ്ങനെ സ്വപ്നത്തിനും കണ്ടിട്ട് നമ്മൾ പറയുന്നു ഇത് ആനയാണെന്നോ ഇവിടത്തെ ആനയാണോ അത് അല്ല എന്നാൽ ഇവിടത്തെ ആനയെപ്പോലെയുള്ളവരാണ് ജാഗ്രതത്തിൽ കണ്ട ആനയെപ്പോലെയുള്ളവരെ ജാഗ്രതയിൽ കണ്ട ആനയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകണെന്താണ് ഈ ആനയാണ് ഞാൻ ജാഗ്രത കണ്ടത് അങ്ങനെ ഒരിക്കലും സ്വപ്നത്തിൽ അനുഭവം ഉണ്ടാകുന്നു ഈ കഴിഞ്ഞ ഇതിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് ഞാൻ കഴിഞ്ഞ ജാഗ്രതത്തിൽ കണ്ട ആനയാണിത് അനു മുമ്പിന്റെ ജാഗ്രത്തിൽ കണ്ട ആനയാണിത് അങ്ങനെ അനുസൃതമായി എത്രയോ കാലത്തെ ആനകളെ സംബന്ധിച്ച് ഞാൻ ബാല്യത്തിൽ കണ്ടത് തന്നെയാണിത് എത്രയോ ജാഗ്രതകൾക്ക് മുമ്പിൽ കണ്ട ജാഗ്രതത്തിലെ വസ്തു തന്നെയാണിത് ഈ വീട് ഇങ്ങനെ ഓരോന്നിനെയും ഉള്ള പ്രതിഭയുണ്ട് പക്ഷെ സ്വപ്നത്തിൽ അങ്ങനെ പറയാൻ അത് തന്നെയാണ് പറഞ്ഞെന്താണ് അതുപോലെ അതുപോലെയുള്ള ജാഗ്രതത്തിൽ കണ്ടതുപോലെയുള്ള ഒരു വസ്തു അതിനെയാണ് അവിടെ കാണുന്നത് വസ്തുവർ വ്യാവാരിക സത്യം ഉള്ളത് പോലെ ഉപലംഭനം ഉപലംഭവും അസത്യവിപസ്തി വാസ്തവത്തിൽ ഇതവിടെയില്ല ഉറപ്പിച്ചും പറയാം ജാഗ്രതയിൽ കണ്ടതല്ല അവിടെയുള്ളത് അതുപോലെയുള്ളതും അത്രേ പറയാൻ പറ്റൂ അതവിടെ സത്യമായി സത്യമായി തന്നെ അത് അനുഭവപ്പെടുന്നു സത്യമായി അനുഭവപ്പെട്ടാണെങ്കിലും നമുക്ക് പ്രത്യഭി ഇത് ഞാൻ കഴിഞ്ഞു ജാഗ്രതയിൽ കണ്ടതാണോ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണിതാ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയൊരു പ്രതിഭിജ്ഞയില്ല അസത്യവിസ്തുനിസഹവർത്തീ സോവലംബൻ അവിടെ പ്രതീതിയുണ്ട് വസ്തുക്കൾ ഇവിടെ പ്രതീതിയും വസ്തുവുമുണ്ട് രണ്ടിൻ്റെയും പ്രതിഭിജ്ഞയുണ്ട് എന്നർത്ഥം അതെന്താണ് ശുദ്ധം അത് കേവലമാണ് പ്രവിവിക്തമാണ് ജാഗ്രത സ്ഥല ലൗകികം സർവപ്രാണി സാധാരണത്വ അത് അതിന് പ്രവി എന്ന് പറയുന്നു പ്രത്യേകത അത് എന്താണ് ജാഗ്രത കൂടിയിരിക്കുന്നവർക്ക് കഴിഞ്ഞ ജാഗ്രത കൂടിയിരുന്നവർക്ക് ഈ ജാഗ്രതയിലും കൂടിയിരിക്കാം ടുത്തൊരു ജാഗ്രതത്തിലും കൂടിയിരിക്കും പക്ഷെ അത് സ്വപ്നത്തിൽ അത് നടക്കുന്നില്ല അതുകൊണ്ടാണ് പ്രവിക്തം എന്ന് പറഞ്ഞു അത് വേർതിരിഞ്ഞ് തന്നെ നിൽക്കുന്നു എങ്ങനെ കഴിയുന്നില്ല ഈ ജാഗ്രതത്തിൽ ഒരുമിച്ചിരിക്കുന്നവർക്ക് സ്വപ്നത്തിൽ ഇതുപോലെ അടുത്ത സ്വപ്നത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം അത് കഴിയുന്നില്ല കഴിഞ്ഞ സ്വപ്നത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്നില്ല അപ്പൊ അത് പ്രവിക്തമാണ് വേർതിരിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ജാഗ്രത്തിൽ നിന്നും അത് വേർതിരിഞ്ഞിരിക്കുന്നതാണ് ജാഗ്രത കണ്ടുവരുന്ന ഈ അനുവൃത്തി അത് ജാഗ്രൂസ്വം തമ്മിൽ അത് സംഭവിക്കുന്നില്ല അത് ശുദ്ധമാണ് കേവലമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ശുദ്ധമല്ല എന്തുകൊണ്ട് ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നിന്റെ തുടർച്ചയായിട്ട് അടുത്തത് പറയുന്ന ഞാൻ ബാല്യ ബാലനായിരുന്നു അടുത്തൊരു ജാഗ്രതത്തിൽ ഞാൻ യുവാവായി ഇനിയൊരു ജാഗ്രതയിൽ ഞാൻ വൃദ്ധനായി ഇത്തരത്തിലുള്ള പ്രതിഭിജ്ഞ തുടർച്ച അത് ഇവിടെയിരിക്കുന്നു അതുകൊണ്ടിതിന് കേവലമായി ശുദ്ധമായി നിൽക്കാൻ കഴിയുന്നില്ല ഈ ജാഗ്രത സ്വപ്നം അങ്ങനെയായിരുന്നു അത് സ്വപ്നത്തിൽ നമുക്കത് പറയാൻ കഴിയുന്നില്ല എന്താണോ ഈ കഴിഞ്ഞ ജാഗ്രതത്തിൽ ഞാൻ ബാലനായിരുന്നു ഞാൻ ഈ സ്വപ്നത്തിൽ യുവാവായിരിക്കുന്നു അങ്ങനെ നമുക്ക് പ്രതിഭജ്ഞ വരുന്നുണ്ട് സ്വയം സ്വപ്നത്തിൽ അതൊക്കെ സംഭവിക്കാം പക്ഷെ ജാഗ്രത സ്വപ്നവുമായി സംഭവിക്കട്ടില്ല അത് ഇതിന്റെ ജാഗ്രത പ്രത്യേകത എന്താണോ നമ്മുടെ ചർച്ച ഏവരും ജാഗ്രത മാത്രം ആശ്രയിച്ചാണ് അതുകൊണ്ട് ജാഗ്രതയും സ്വപ്നവുമായി താരതമ്യപ്പെടുത്തുകയാണ് ആ താരതമ്യപ്പെടുത്തുന്നതിനാണ് മനസ്സിലാവുന്നത് എന്താണോ ഇത് ക്രമ്യക്തമാണ് സ്വപ്നം ജാഗ്രത്തിൽ നിന്നും പൂർണ്ണമായും വേർതിരിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എന്നാൽ അവിടെ പ്രതീതി ആ പ്രതീതി എന്ന് പറയുന്നത് എന്താണ് പ്രതീതി എന്ന് പറയുന്നത് എന്താണ് ആ പ്രതീതിയിൽ വസ്തു വസ്തു മാറിപ്പോണ്ടായി നശിക്കുന്നതായി കാണുന്നു പിന്നെ തന്നെ മാറുന്നതായി കാണുന്നു എന്താണോ ഇപ്പൊ ഒരു വസ്തുവിനെ കുറിച്ച് പ്രതീതി ഉണ്ടാകുന്നുണ്ട് അന് വേറൊരു വസ്തുവിനെ കുറിച്ച് പ്രതീതി ഉണ്ടാകുന്നു സ്വപ്നത്തിലാണെങ്കിലോ ഈ ജാഗ്രതയിലെ വസ്തുക്കളല്ല വസ്തുക്കളിൽ തന്നെ വസ്തുക്കളായി ജാഗ്രതമായിട്ട് തരതുകയും ഇനി പ്രതീതികളാണെങ്കിലോ പ്രതീതി അവിടെ മാറുന്നു ഒരു നിമിഷം ആനയെ അടുത്ത നിമിഷം കുതിരയെ കാണുന്നു പക്ഷെ എന്നാലും ജാഗ്രതോ ഈ മാറുന്ന പ്രതീതിയിലും മാറാത്ത പ്രതീതിയും മാറുന്ന പ്രതീതിയിലും മാറാതിരിക്കുന്ന അനുഭവം അതുപോലെ ജാഗ്രതയിലും മാറുന്ന പ്രതീതികളിൽ മാറാതിരിക്കുന്ന ഒരു അനുഭവമുണ്ട് ഈ അനുഭവങ്ങൾ ഏകമാണ് അനുഭൂതി അവിടെ ഏകമായിരിക്കുന്നു വിഷയങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ അനുഭവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവ സ്വരൂപത്തിന് അവിടെയും മാറ്റാൻ സംഭവിക്കുന്നില്ല ജാഗ്രതത്തില് സംഭവിക്കുന്നില്ല പ്രവി രണ്ടും ഗ്രഹിക്കും ഒന്ന് ജാഗ്രത സ്വപ്നവും വെവ്വേറെയിരിക്കും മറ്റൊന്ന് എന്താണ് അവിടുത്തെ അനുഭൂതി ഏകരൂപത്തിലിരിക്കുന്നത് മാറാൻ വഴിയുണ്ട് ജാഗ്രത അത് ഗ്രാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളിൽ അനുസ്യൂതമായിരിക്കുന്ന അനുഭൂതിയായിരിക്കുമ്പോൾ സ്വപ്നത്തിനോ അങ്ങനെ തന്നെ ഇരിക്കുന്നു സുഹൃത്തിയിലേക്ക് ചെല്ലുമ്പോൾ അത് കേവല ഭാവത്തിലിരിക്കുന്നു സർവാധാരമായിരിക്കുന്നു അതാണ് എന്റെ ഏകത്വം ഇവിടെ പറയുന്നതിന്റെ വിവേകത്തെക്കുറിച്ചാണ് കേവലം പ്രവിവ്യക്തം ജാഗ്രതാസ്ഥാന ലൗകം സർവപ്രാണി സാധാരണത്വ വിഷ്യത സ്വപ്ന എന്നർത്ഥം അതും പറയുന്നു ശുദ്ധം ലൗകികം എന്ന് പറഞ്ഞു അതും ലൗകികം തന്നെയാണ് അതിൽ നമുക്ക് മാറാൻ കഴിയുന്നില്ല ഈ ജാഗ്രത്തിൽ എങ്ങനെയോ നമ്മൾ പെട്ട് കഴിയും ജാഗ്രത പെട്ടിരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത മാറാൻ കഴിയുന്നില്ല ഈ ഗ്രാഹകനും ഗ്രാഹ്യവുമായി അഭേദമായിരിക്കുകയാണ് മാറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗ്രാഹ്യത്തിനെ മാറ്റി നിർത്തിയിട്ട് ഗ്രാഹകനായിരിക്കുക അതും സാധ്യമുണ്ട് ഏതുവരെ അഭ്യാസിക്കാൻ സാധ്യമല്ല കാരണം താൻ ഗ്രാഹകനായിരിക്കുന്നു ദ്രഷ്ടാവായിരിക്കുന്നോ അവിടെ ദൃശ്യമുണ്ട് ദ്രഷ്ടാവായിരിക്കുക ദൃശ്യത്തെ ഒഴിവാക്കുക അത് സാധ്യമേ സമാധി പോയാൽ സമാധി പോയാലും ശരി താനവിടെ സമാധിയെ ദർശിക്കുന്നുണ്ടെങ്കിൽ സമാധി ദൃശ്യവും താൻ ദൃഷ്ടാവുമായിരിക്കും ഈ ഒരു തകരാറ് സ്വപ്നത്തിലുണ്ട് അവിടെയും നമുക്ക് ദൃശ്യത്തെ മാറ്റാൻ വയ്യ സ്വപ്നത്തിൽ ആ ദൃശ്യത്തിൽ നിന്നൊന്നും മാറുക അത് സാധ്യമല്ല ആ ദൃശ്യമുണ്ടോ അവിടെ ദഷ്ടാവും ഉണ്ടായി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്താണ് ഈ ദഷ്ടാവ് ഈ ദൃശ്യം എന്നുള്ള ഭാവത്തിൽ നിന്നും മാറി കഴിഞ്ഞാൽ നേരെ രണ്ടും പോവും ദഷ്ടാവും പോവും ദർശനവും നേരെ സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ സുഷൃത്തിയിലേക്കോ പോയാൽ രണ്ടു ഒഴിവാകും പക്ഷേ ഇത് ഇവിടെ നിന്ന് ഒഴിയാൻ സാധ്യമല്ല ലോകാത് അനഭേദം നമ്മളേത് ലോകത്തിലാണിക്കുന്നത് സ്വപ്ന ലോകത്തിലാണോ ജാഗ്രതത്തിലോ നിൽക്കുന്നത് ഏത് ലോകത്ത് നിന്നാലും ശരി അവിടെ നിന്നും മാറാൻ കഴിയത്തില്ല ആ നിന്ന് ഈ ദൃഷ്ടാവിന് സ്വയം തന്നെ മാറ്റാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇത് രണ്ടും അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇതിന് സംസാരം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണിത് ബന്ധനമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് മുക്തിക്ക് ശ്രമിച്ചാലും മുക്തനാകാത്തത് എന്താണ് ഇവിടെ താൻ ഇതിനെല്ലാം ദൃഷ്ടാവായിരുന്നു നമ്മൾ മുക്തിക്ക് ശ്രമിക്കുന്ന ജാഗ്രതത്തിലാണ് ജാഗ്രത ഈ സർവ്വ ദൃശ്യങ്ങൾക്കും ദൃഷ്ടാവായിരുന്നു കൊണ്ട് നമ്മൾ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ ആഗ്രഹിക്കുന്നത് ഈ ദർശനത്തിൽ നിന്നുള്ള മുക്തിയാണ് അത് സാധ്യമല്ല മുക്തിക്ക് വേണ്ടി നമ്മൾ അതാണ് അതാണ് നമ്മുടെ പരിശ്രമമെങ്കിൽ മുക്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല കാരണം എന്താണിത് ലൗകികമാണ് ലൗകികമെന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം ഇതാണ് നമ്മൾ ലൗകികം എന്ന് പറയുന്നത് പല അർത്ഥത്തിലും പറയും ഏതോ ചില മനുഷ്യരുടെ എന്തോ ചില ചിന്തകളും പ്രവൃത്തികളുമാണെന്നൊക്കെ പറയും അതല്ല ലൗകികം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമാണോ നിങ്ങൾ ലൗകികനാണ് എന്തുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് സ്വാതന്ത്ര്യമില്ല നിങ്ങൾ ജാഗ്രതനും സ്വപ്നത്തിനുമാണോ നിങ്ങൾ ബദ്ധനാണോ നിങ്ങൾ മുക്തനല്ല കാരണം ജാഗ്രത സ്വപ്നത്തിൽ നീക്കുമ്പോൾ ഈ ദാവിന് ഈ ദർശനത്തിൽ നിന്ന് ഈ സംസാരത്തിൽ നിന്ന് ഈ ദൃശ്യത്തിൽ നിന്നും മോചനം സാധ്യമേ അല്ല അവന് മോചനം എന്ന് പറഞ്ഞാൽ എന്താണോ മുക്തനെന്ന് പറഞ്ഞ ആരാണോ മുക്തൻ ഈ ജാഗ്രതത്തിലല്ല ഈ സ്വപ്നത്തിലല്ല ഈ സുഷക്തിയിലല്ല പിന്നെ എവിടെയാണോ നേരത്തെ സ്വരൂപസ്ഥിതൻ ബദ്ധൻ അങ്ങനെയല്ല അവൻ ജാഗ്രത സ്ഥിതനാണ് അവൻ ജാഗ്രതത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്വപ്നത്തിലേക്ക് പോയാൽ അവൻ ഇതെല്ലാം വിടും പക്ഷെ അവൻ സ്വപ്നസ്ഥിതനാകും സുഷുപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ സുപ്തനാകും സുഷുപ്ത സ്ഥിതനാകും അപ്പോ ഇവിടെ ആ മോചനം സാധ്യമല്ല ഇവിടെ അജാതി അനുസരിച്ച് അജാതി എന്നുള്ള ചിന്ത അനുസരിച്ച് നിങ്ങൾ ജാഗ്രതത്തിലിരിക്കുമ്പോ എന്താണ് നിങ്ങൾ ഗ്രാഹ്യവും ഗ്രാഹകനുമായി ഇരിക്കുന്നു ഒരാൾ തന്നെ ഗ്രാഹ്യവും ഗ്രാഹകനായി ഇരിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ശരി നിങ്ങൾ എന്തെല്ലാം ജപ തപ നിങ്ങളെല്ലാം ചെയ്താലും ശരി എന്തെല്ലാം ജ്ഞാനത്തെ സമ്പാദിച്ചാലും ശരി മുക്തി മാത്രം സാധ്യമാകത്തില്ല അത് സാധ്യമാകണമെങ്കിൽ സുരൂപസ്ഥിതനാകണം ജാഗ്രസ്ഥിതനാകാതിരിക്കണം അതിനുവേണ്ടിട്ടാണ് ഇത് പറയുന്നത് എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം രണ്ടു ഒരുപോലെ തന്നെ ഒന്ന് ശുദ്ധം ശുദ്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞെന്താണ് ഈ ജാഗ്രതമായി കലർപ്പില്ലാതെ അതിന് നിൽക്കാൻ കഴിയുന്നു അതുകൊണ്ട് ശുദ്ധമാണോ കുറച്ചുകൂടി ഇച്ചിരി ഇഷ്ടമൊന്ന് വേണമെങ്കിലും പറയും കാരണം ഈ ജീവൻ ഈ ജാഗ്രത്തിലിരുന്ന് ഈ െ എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ബന്ധനമാണ് ജാഗ്രതയിലിരുന്ന വിഷയങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബന്ധനം വേറെ ബന്ധനമെന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇരുന്ന സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബന്ധനം അവിടെയില്ല ഇവിടത്തെ ഈ ബന്ധനം അവിടെയില്ല ഇവിടുത്തെ ബന്ധനമാണ് കൂടുതൽ ശക്തമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഇവിടെയാണ് നമുക്ക് ഗുരുവിന്റെ ആവശ്യം വന്നത് ശാസ്ത്രത്തിന്റെ ആവശ്യം വന്നത് സാധനയുടെ ആവശ്യം വന്നത് ബന്ധനത്തിന് നിന്നും മോചിക്കാനുള്ള ഉപായങ്ങളെല്ലാം അന്വേഷിക്കുന്ന ഇവിടെയാണ് അപ്പോൾ ഇത് കുറച്ചുകൂടി ശക്തമാണ് ലൗകികമെന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് ലൗകികമാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് മറഞ്ഞുപോയതാണ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതാണ് അവിടെ എന്തായാലും ഈ പ്രശ്നങ്ങളില്ല ഇവിടുത്തെ ബന്ധവും ഇവിടുത്തെ മോക്ഷവും ഇവിടുത്തെ ഗുരുവും ശാസ്ത്രവും സാധനങ്ങളൊന്നും അവിടെ ഇല്ല പ്രവിവിക്തമാണത് അതുകൊണ്ട് എന്താണത് ശുദ്ധമാണ് അപേക്ഷിച്ചത് ശുദ്ധമാണ് അതുകൊണ്ട് പറഞ്ഞ ജാഗരിതാദ് ജാഗരിത സ്ഥലത്തെ അപേക്ഷിച്ചത് ശുദ്ധമാണ് എന്നാലും അത് ബന്ധനം തന്നെ അതുകൊണ്ടാണ് ആ പറയുന്നെന്താണ് പ്രവിക്ത ബുക്ക് കാര്യം ചർച്ച ചെയ്താണ് എന്നാൽ അതും എന്താണ് സർവപ്രാണി സാധാരണമാണ് സർവപ്രാണികളും ആ ബന്ധനത്തിനും പെട്ടിരിക്കാണ് അവിടെ എത്തിയാലും അവന് സുരൂപസ്ഥിതനാകാൻ കഴിയുന്നില്ല ഈ പ്രശ്നങ്ങളെല്ലാം ഈ ബന്ധമോക്ഷങ്ങളെല്ലാം അവസാനിക്കുന്നു സുഹൃത്തി പക്ഷെ അവിടെ എത്തിച്ചേർന്നാലും അവന് സ്വരൂപസ്ഥിതനാകാൻ കഴിയുന്നില്ല ഇതിൽ നിന്നവന് ആത്യന്തികമായി മോചിക്കാൻ കഴിയുന്നില്ല താത്കാലികമായി അവിടെ മോചിച്ചാലും അതിനെ കുറിച്ചാണ് അടുത്ത കാര്യം പറയുന്നത് സുഷുയെ കുറിച്ച് യം നഗമിഷ്യ അവസ്ത്സോപലഭം ചുദ്ധം നീമിഷ്യ